അക്രമം ചെയ്തവർക്ക് ഭൂമിയിലുള്ളതെല്ലാം ഉണ്ടാവുകയും അതിനോടൊപ്പം അതിനു തുല്യമായ മറ്റൊന്നുകൂടി ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ കിയാമത്ത് നാളിലെ കഠിനമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ അത് നൽകുമായിരുന്നു എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അള്ളാഹു സുഹാനഹു വചാരയുടെ പക്കൽ നിന്നവർക്ക് വെളിപ്പെടും